ദൈവസഭയിൽ നിങ്ങളോരോരുത്തരുടെയും മധ്യത്തിൽ ആയിരിക്കുന്നതിന് ദൈവം നൽകിയ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു നമ്മുടെ രക്ഷിതാവിൻ്റെ നാമത്തിൽ ഏവർക്കും ഞാൻ സമാധാനം ആശംസിക്കുന്നു എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമെൻ്റെ ഹൃദയത്തിൽ അധികമായി നൽകിയിരിക്കുന്ന ഒരു ബോധ്യം അത് അവിടുന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന രക്ഷ അത് അത്യന്തം ഗൗരവതരമായ ഒരു പ്രവൃത്തിയാണ് എന്ന ഒരു ബോധ്യമാണ് നമുക്കേവർക്കും വ്യത്യസ്തങ്ങളായ ബോധ്യങ്ങളായിരിക്കും നമ്മുടെ ക്രിസ്തീയാനുഭവത്തിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നത് അത് നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തന മേഖലകളിലും നമ്മൾ കൂടി വരുമ്പോഴൊക്കെയും നാം ഓരോരുത്തരും പരസ്പരം പങ്കുവയ്ക്കുകയും അത് നാം ഓരോരുത്തരുടെയും ആത്മീയ വർധനവിനായി അത് ഇടയായിത്തീരുകയും ചെയ്യുമെന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ദൈവിക പ്രവൃത്തി രക്ഷ എന്ന് നാം പറയുമ്പോൾ അപ്പോൾ സ്വലന്മാരെ തങ്ങളുടെ ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ പത്രോസു തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് കർത്താവിൻ്റെ വരവ് ഒരു ദിവസം കൂടി താമസിച്ചു എന്നാൽ അത് നിങ്ങൾക്ക് രക്ഷ എന്ന് കരുതുവിൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം കൂടി അധികമായി ജീവിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം മോൾ ആൻഡ് മോൾ സാൽവേഷൻ നിങ്ങളെ വീണ്ടും രക്ഷയുടെ ഒരു പടിയിൽ നിന്ന് മറ്റൊരു പടിയിലേക്ക് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ പാപസ്വഭാവങ്ങളിൽ നിന്ന് നമ്മെ ജയകരമായ ഒരു പടിയിൽ നിന്ന് മറ്റൊരു പടിയിലേക്ക് നമുക്ക് പ്രവേശിപ്പിനുള്ള ഒരു അവസരം ദൈവം നമുക്ക് ഒരുക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ വരവ് താമസിച്ചു അതിൻ്റെ അർത്ഥം നമുക്ക് വി ക്യാൻ ക്ലെയിം മോൾ ഓഫീസ് സാൽവേഷൻ പവൾ അവൻ്റെ ആ രക്ഷണീ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഒരു അളവിൽ നിന്ന് മറ്റൊരളവിലേക്ക് അധികമായി നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ആയതിനാലാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത് ചേറ്റിലായിരുന്നു എന്നെ നീ ചേറ്റിൽ നിന്ന് വലിച്ച് കയറ്റി ആയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കും ഇതാണ് കവിയുടെ ഹൃദയത്തിൻ്റെ വിചാരം ആയതിനാലാണ് ഇബ്രായലേഖനത്തിൽ നാം വായിക്കുന്ന ഇത്ര വലിയ രക്ഷ നിങ്ങൾ അഗണ്യമാക്കി കളഞ്ഞാൽ എങ്ങനെ തെറ്റിയൊഴിയും അപ്പോൾ വളരെ വലിയൊരു അവസരമാണ് വളരെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വീണുപോയ മനുഷ്യന് മുൻപാകെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് അത്രമാത്രം ഗൗരവമേറിയ ഒരു കാര്യമാണ് അവിടുന്ന് നമുക്ക് വാക്തത്വം ചെയ്തിരിക്കുന്ന രക്ഷ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ പരീക്ഷന്മാരോടായി അദ്ദേഹം പറയുകയുണ്ടായി എനിക്ക് എന്നെക്കുറിച്ച് ഒരു അവകാശവാദമുണ്ട് നിങ്ങൾ എന്നെക്കുറിച്ചുള്ള എൻ്റെ അവകാശവാദത്തിൽ വിശ്വസിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും അത് യോഹനാൻ്റെ സുവിശേഷം എട്ടാമത്തെ അയായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യമാണ് ഐ ടോൾഡ് യു ദാറ്റ് യു വുഡ് ഡൈ ഇൻ യുവർ സിൻസ് ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹീ യു വിൽ ഇൻഡീഡ് ഡൈ ഇൻ യുവർ സിൻസ് മലയാളത്തിൽ ആർക്കെങ്കിലും ഒന്ന് വായിച്ചാൽ യോഹനാൻ്റെ സുവിശേഷം എട്ടാമത്തെ ത്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം ആകെയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു ഇവിടെ പറയുന്നത് ഇഫ് യു ഡോൺ ബിലീവ് ദാറ്റ് ഐ ആം ദ വൺ ഹൂ ഐ ക്ലെയിം ടു ബി എനിക്ക് എന്നെക്കുറിച്ചൊരു അവകാശവാദമുണ്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചൊരു അവകാശവാദമുണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവൃത്തി ചെയ്യുവാനാണ് വന്നിരിക്കുന്നത് എന്നതാണ് ആ അവകാശവാദം ആ എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും അത് വളരെ വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് യേശു പരീഷന്മാരോടായി പറഞ്ഞു ഐ ഹാവ് എ ക്ലെയിം അബൗട്ട് മൈസെൽഫ് ഞാൻ വെറുതെ ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് വളരെ കൃത്യമായ ഒരു പ്രവൃത്തി വീണുപോയ മനുഷ്യഗണത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ചെയ്തു തീർക്കുവാനുണ്ട് അതാണ് എനിക്കെന്നെ കുറിച്ചുള്ള അവകാശവാദം അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം ആ വിശ്വാസം നിങ്ങൾക്കില്ലായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും നമ്മൾ എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ് എന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ പാപത്തിൽ മരിക്കുകയെന്നാൽ ജന്മനാ നമ്മിലേക്ക് വന്നിരിക്കുന്ന ആ പാപസ്വഭാവങ്ങൾ ആ പാപസ്വഭാവങ്ങളോടുകൂടി തന്നെ നമ്മളീ ഭൂമിയിൽ എൺപതോ തൊണ്ണൂറോ എത്ര വയസ്സാണെങ്കിലും നമുക്ക് ദൈവം ആ കാലഘട്ടം ജീവിച്ചതിന് ശേഷം നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ അതേ പാപസ്വഭാവങ്ങളുമായി തന്നെ നാം മടങ്ങിപ്പോകുന്ന ഒരു യാത്ര അത് വളരെ സങ്കടകരമായ ഒരു യാത്രയായിരിക്കും നിത്യതയോടുള്ള ബന്ധത്തിൽ അത് വളരെ ഖേദകരമായ ഒരു യാത്രയായിരിക്കും സെയിം എമൗണ്ട് ഓഫ് ആങ്കിൾ യു ഇൻഹെറിറ്റഡ് ഫ്രം യുവർ ഫോ ഫാദർ യു ആർ ഡൈയിങ് ഓർ യു ആർ ഡിപ്പാർട്ടിങ് ദിസ് വേൾഡ് വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് ആങ്കിൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നാം ജനിച്ചു വീണപ്പോൾ നമുക്ക് പാരമ്പര്യമായി ലഭിച്ച അതേ ഹോപത്തിൻ്റെ ആ സ്വഭാവം നമ്മിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ എതിർലിംഗത്തോടുള്ള ബന്ധത്തിലെ അതേ ആ നോട്ടത്തോടെ അതേ ബലഹീനതകളോടെ എല്ലാ പണമോഹത്തോടുള്ള ബന്ധത്തിൽ നമ്മളിൽ സ്വാഭാവിക മനുഷ്യനുണ്ടായിരുന്ന അതേ അതേ ആഭിനിവേശത്തോടുകൂടി തന്നെ നാം ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിയൊരു യാത്ര അപ്പോൾ ഈ രക്ഷണ പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടില്ല നമ്മുന്നത് നമ്മുടെ അതേ പാപ സ്വഭാവങ്ങളോടുകൂടി തന്നെയാണ് വളരെ സങ്കടകരമായ ഒരു മരണമാണത് കാരണം ഇത്രയും വലിയൊരു സാധ്യത ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുകയാണ് നാം അങ്ങനെ തിരികെ പോകേണ്ടവരല്ല ആയതിനാലാണ് അപ്പോൾ സോലന്മാർ പറഞ്ഞത് രക്ഷ ഇത് വളരെ വലുതാണ് ഇത് നിങ്ങൾ അഗണ്യമാക്കി കളയരുത് രക്ഷണീ പ്രവൃത്തി അതൊരു ഒരു രൂപാന്തര പ്രവർത്തിയാണ് പഴയ മനുഷ്യനെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുന്ന ഒരു രൂപാന്തര പ്രവൃത്തി ആ രൂപാന്തര പ്രവർത്തി കേവലം നമ്മൾ ലിഖിത നിയമങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു ജീവിതമല്ല അതൊരു രൂപാന്തര പ്രവൃത്തിയാണ് നാം പോലും അറിയാതെ നമ്മിൽ ഉരുവായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു രക്ഷണീയ പ്രവൃത്തി ഒരു രൂപാന്തര പ്രവൃത്തി എ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ അതാണ് ദൈവവചനം നമുക്ക് വാക്തത്വം ചെയ്തിരിക്കുന്നത് ആ പ്രവൃത്തി നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആരംഭിച്ച് നാം മരിക്കുമ്പോഴേക്കും അത് പൂർണതയിലെത്തിക്കുവാൻ ആണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് അതാണ് ആയതിനാലാണ് യേശു പരീശന്മാരോട് പറഞ്ഞത് യു ഡോൺ ട്രസ്റ്റ് മീ യു ഡോണ്ട് ഹാവ് ദിസ് ഫെയ്ത്ത് ഇൻ മീ യു ഡോണ്ട് ബിലീവ് ഇൻ മീ അത് ദ വൺ ഐ ക്ലെയിം ടു ബി എനിക്കൊരു എന്നെ കുറിച്ചുള്ള അവകാശവാദമുണ്ട് യോഹനാൻ സ്നാപകൻ യേശു ആ നദിയുടെ അക്കരെ കൂടി പോകുന്നത് കാണുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ ചുമന്ന് ഒഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹനാൻ ഇങ്ങനെയല്ല പറഞ്ഞത് ലോകത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന കുഞ്ഞാട് എന്നല്ല പറഞ്ഞത് യോഹനാൻ പറഞ്ഞത് ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ ചുമന്ന് ഒഴിക്കുന്ന ഹീസ് ദ ലാംബ് ഓഫ് ഗോഡ് ഹു ഈസ് ഗോയിങ് ടു ടേക്ക് സിൻസ് ഓഫ് ദ വേൾഡ് നമ്മുടെ പാപങ്ങൾ എടുത്തു മാറ്റുന്ന കുഞ്ഞാട് എന്നാണ് പറഞ്ഞത് അതൊരു വലിയ പ്രവൃത്തിയാണ് അത് നാം നമ്മുടെ വീണ്ടും ജനനാനുഭവം ആരംഭിക്കുമ്പോൾ തുടങ്ങി അത് ദിനംതോറും നമ്മിൽ അനുസ്യൂതം തുടർന്നു പോകേണ്ടുന്ന ഒരു ദൈവിക പ്രവർത്തിയ അതുകൊണ്ടാണ് അപ്പസ്വലനായ പൗലോസ്തൻ്റെ ലേഖനം എഴുതുമ്പോൾ കുറീന്ത് ലേഖനത്തിൽ അദ്ദേഹം അതിൻ്റെ പതിമൂന്നാമധ്യായതിൽ അപ്പസ്വലൻ ഇങ്ങനെയാണ് പറയുന്നത് എക്സാമിൻ നിങ്ങൾ നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ ആയിരിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ടിരിപ്പിൻ എല്ലായ്പ്പോഴും നിങ്ങൾ കൂടി വരുമ്പോഴും നിങ്ങൾ കൂടെ കൂടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ ആയിരിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളെ എക്സാമിൻ ചെയ്യണം നിങ്ങളെ പരിശോധിച്ച് നോക്കണം അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഈ പരീക്ഷ നിങ്ങൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഈ പരീക്ഷയിൽ ജയിക്കുന്നത് എങ്ങനെയാണ് ജയിക്കുകയാണോ തോൽക്കുകയാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ ഉരുവായിട്ടുണ്ടല്ലോ നിങ്ങളിലെ ക്രിസ്തു വളർന്നു വരുന്നുണ്ടോ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ക്രിസ്തു സമാനതകളാണോ പുറത്തു എന്നതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിലായിരിക്കുന്നു എന്നതിൻ്റെ ഒരു അളവ് പോലെ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ എക്സാമിൻ ചെയ്യണം നിങ്ങളൊരു പരീക്ഷയ്ക്ക് നിങ്ങളെ തന്നെ വിധേയരാക്കി നോക്കണം അവസരം ലഭിക്കുമ്പോഴൊക്കെയും അപ്പോൾ യേശു ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ജീവിച്ചത് അതുപോലെ തന്നെയാണോ ഞാൻ ഇന്നത്തെ ഈ ദിവസം അവസാനിച്ചപ്പോൾ ജീവിച്ചത് എന്നത് ചോദന ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ക്രിസ്തു ഉരുവായി വരുന്നുണ്ടോ എന്ന് ഇതായിരുന്നു അപ്പസോലന്മാരുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അഗാധമായ ഭാരം തങ്ങൾ ആരോടൊക്കെ ശുശ്രൂഷിക്കുന്നു അവരുടെ ഉരുവായിരിക്കുന്ന ഈ പുതിയ ജീവൻ ഇത് വളർന്ന് പ്രാപിച്ച് വളർച്ച പ്രാപിച്ച് അവരിൽ ക്രിസ്തു രൂപാന്തരപ്പെടണം അവർ അവർ ക്രിസ്തുവിനിലേക്ക് സമാനതകളിലേക്ക് നിറയപ്പെടണം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു ആസ് ജീസസ് വേൾ യേശു എങ്ങനെ ഈ ഭൂമിയിലായിരുന്നുവോ അതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുന്നത് അത് അതിൻ്റെ ഒരു വശം നാം വളരെ കൃത്യമായി കേട്ടു അത് നമുക്ക് അത്യന്തം ഖനമേറിയ ഒരു സുരക്ഷിതത്വ ബോധം പകരുന്നു നാം അനാഥരല്ല സർവശക്തിൻ്റെ നിഴലിലാണ് നാം ആയിരിക്കുന്നത് ഈ സുരക്ഷിതത്വ ബോധവും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ ആ നാണയത്തിൻ്റെ തന്നെ മറുവശം നാം ജോനാൻ്റെ സുശേഷ ജോഹനാൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ വൺ ജോൺ ടു ഒരുവൻ യേശുലായിരിക്കുന്നുവെങ്കിൽ അവൻ യേശു നടന്നതുപോലെ നടക്കേണ്ടുന്നതാണ് അപ്പം മറുവശം നമ്മിൽ ക്രിസ്തു രൂപപ്പെട്ടു വരെയണമെന്നതാണ് ആ ജീസസ് യേശു ഭൂമിയിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നാമം ഈ ഭൂമിയിലായിരിക്കണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഞാനിങ്ങനെ അപ്പോൾ നമ്മളിത് ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ദൈവവേചനത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ ക്രിസ്തു നമ്മിൽ രൂപപ്പെട്ടു വരുന്നു എന്ന ആ ടെസ്റ്റിന് നമ്മളെ തന്നെ വിധേയരാക്കുവാൻ നിരവധി അവസരങ്ങൾ ദൈവവേചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു ഉദാഹരണത്തിന് നമ്മോട് പിഴയ്ക്കുന്നവരോട് നമ്മോടെന്തെങ്കിലുമൊക്കെ ദ്രോഹങ്ങൾ ചെയ്യുന്ന ആളുകളോട് അവരോടുള്ള മനോഭാവം നമ്മുടേത് എങ്ങനെയാണ് അത് അതൊരു നാം നമ്മളിലൊരു രൂപാന്തര പ്രവൃത്തി നടന്നിട്ടുണ്ടോ എന്നത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ലൊരു മാനദണ്ഡമാണ് നമ്മൾ നമ്മളെ ഈ ഭൂമിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി ആളുകൾ നമ്മെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മെ നമ്മോട് പിഴവുകൾ കാണിച്ചിട്ടുള്ള ആളുകളുണ്ട് അവരോടെല്ലാമുള്ള നമ്മളുടെ മനോഭാവം എങ്ങനെയാണ് അവരോടുള്ള മനോഭാവം യേശുവിന് തന്നെ ക്രൂശിച്ചവരോടുള്ള മനോഭാവം പോലെ ആയിട്ടുണ്ടോ സ്റ്റേഫാനോസിനെ കല്ലെറിയുന്നവരോട് സ്റ്റേഫാനോസ് എങ്ങനെ പ്രതികരിച്ചു അത്തരണത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് നാം വളർന്നിട്ടുണ്ടോ നമുക്കറിയാം ആഗ്രഹം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ആ വിശുദ്ധനെ നമ്മുടെ ഭാരതത്തിൽ തന്നെ അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചു അവരുടെ ആ കുടുംബത്തിൻ്റെ ആ അതിലെ കുറ്റവാളികളോടുള്ള ആ മനോഭാവം ഇതെല്ലാം സമാനതകളില്ലാത്ത ഒരു ഒരു ക്രിസ്തീയ സ്വഭാവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആ ഒരു സ്വഭാവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസാണ് അപ്പം നാം നാം എവിടെ എത്തിയിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഒരു ആദാവിൻ്റെ സന്തതി പരമ്പരകളിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരെല്ലാം മേഖെന്ന് അദ്ദേഹം ഈ കായിൻ്റെ വംശ പാരമ്പര്യത്തിലുള്ള മനുഷ്യനായിരുന്നു ഇല്ലാമയൊക്കെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒരു ദിവസം ഇദ്ദേഹം പുറത്ത് പോയി വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യമാരെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ ഇന്ന് വഴിയിൽ വന്ന് വരുന്ന വഴിക്ക് ഒരു ചെറുപ്പക്കാരനുമായി വാക്കുതർക്കമുണ്ടായി അത് കയ്യാങ്കളിയിൽ അവസാനിച്ചിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാനവനെ കൊന്നു കളഞ്ഞു െ സില്ലയെ നിങ്ങൾ കേൾപ്പിൻ ഞാനൊരു മനുഷ്യനെ ഒരു യുവാവിനെ എന്ന് വഴിയിൽ വെച്ച് കൊന്നുകളഞ്ഞു അപ്പോൾ ഒരു പക്ഷെ അവർ ചോദിച്ചു നീ എന്തിനാണ് ഒരു ചെറുപ്പക്കാരനെ കൊല ഈ ഇദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയാണ് കായനു വേണ്ടിയുള്ള പ്രതികാരം അത് ഏഴ് മടങ്ങാണെങ്കിൽ ലാമേക്കിൻ്റെ പ്രതികാരം അത് എഴുപത് മടങ്ങാണ് ഏഴ് എഴുപത് മടങ്ങാണ് അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പ്രതികാര വാഞ്ചയാണ് അപ്പോ നമുക്കറിയാം കായീൻ ദൈവത്തിന് പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു കായീന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു പാവം തന്റെ വാതിൽകൾ കിടക്കുന്നു നീ അതിനെ ജയിക്കണം വാണ്ടി വിയാനോക്കമ്മകൾ ഇതായിരുന്നു കായനോട് ദൈവം പറഞ്ഞത് പിന്നീട് ഉടനെ തന്നെ നമ്മൾ കാണുന്നത് കായീൻ തൻ്റെ സഹോദരനെ കൊല ചെയ്യുന്നതാണ് ആ കൊലപാതകത്തിന് ശേഷം കായീൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അവൻ അവൻ്റെ ഹൃദയ വേദന ദൈവവുമായി പങ്കുവയ്ക്കുമ്പോൾ ദൈവം പറയുകയാണ് ഇല്ല നിന്നെ എന്നെ ആളുകൾ കൊല്ലും ഞാൻ എൻ്റെ സഹോദരൻ്റെ ഘാതകനാണ് ആയതിനാൽ ആളുകൾ എന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു അങ്ങനെ ആയിരിക്കില്ല ഞാൻ നിനക്കൊരു അടയാളം തരും ഈ അടയാളം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് രക്ഷിക്കും അപ്പോൾ ദൈവത്തിൻ്റെ കായനുള്ള മടങ്ങിവരവിനുള്ള ഒരു ആഹ്വാനമായിരുന്നിരിക്കുക അഥവാ കായനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം അല്ലെങ്കിൽ കായനു തന്നെ വീണ്ടും വീണ്ടും താൻ എവിടെയാണ് പരാജയപ്പെട്ടത് എന്ന് തിരിച്ചറിയുന്നതിനുള്ളൊരു അവസരം ദൈവം ഒരുക്കി കൊടുത്തതായിരുന്നിരിക്കും ആ അടയാളം പക്ഷേങ്കിൽ തലമുറ കഴിഞ്ഞപ്പോഴേക്കും ആ അടയാളം അതിൻ്റെ ഉദ്ദേശത്തിൽ നിന്നെല്ലാം മാറിപ്പോയി അതിവർക്ക് അഭിമാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒരടയാളമായി മാറി എൻ്റെ മുതുമുത്തച്ഛന് ദൈവം നൽകിയൊരു അടയാളം ഉണ്ടായിരുന്നു അവനെ ആരെന്തു ചെയ്താലും ദൈവം തന്നെ അവനോട് ഏഴ് മടങ്ങ് പ്രതികാരം ചെയ്യുമെന്ന ഒരു അടയാളം ഇതിൽ കായിൻ്റെ സന്തതികൾ ഊറ്റം കൊള്ളുവാൻ തുടങ്ങി അതുകൊണ്ടാണ് പറയുന്നത് വാസ്തവത്തിൽ ദൈവം ലാമേക്കിന് അങ്ങനെയൊരു വാക്തത്വം നൽകിയിരുന്നില്ല ലാമേക്ക് പറയുകയാണ് കായനു വേണ്ടി ദൈവം പ്രതികാരം ചെയ്യുന്നത് ഏഴ് മടങ്ങാണെങ്കിൽ ലാമേക്കിൻ്റെ പ്രതികാരം അത് എഴുപത് മടങ്ങാണ് ഇതാണ് നാം ഓരോരുത്തരും നമ്മോട് പിഴയ്ക്കുന്നവരോട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉള്ള ആ ആഗ്രഹം എനിക്കും പ്രതികാരം ചെയ്യണം പത്രോസ് യേശുവിനോടുകൂടെ കുറേ കാലം നടന്നപ്പോൾ പത്രോസിന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളിത്തം വഹിപ്പാനുള്ള വലിയൊരു വിളിയാണ് ഈ രക്ഷണി പ്രവൃത്തി എന്ന സത്യം പത്രോസിന് മനസ്സിലായി പത്രോസ് അപ്പോൾ യേശുവിനോട് ചോദിച്ചു ഗുരുവേ എന്നോട് പഴയ്ക്കുന്നവരോട് ഞാൻ എത്ര തവണ ക്ഷമിക്കണം ഏഴ് തവണ ക്ഷമിച്ചാൽ മതിയോ അപ്പോൾ യേശു പറഞ്ഞു ഏഴു തവണ ക്ഷമിച്ചാൽ പോരാ നീ ഏഴുവട്ടം ഏഴ് എഴുപത് തവണ നീഷമിക്കണം അപ്പോൾ ഈ ലാമേക്കിൻ്റെ ആ പാരമ്പര്യത്തിൽ നിന്ന് ലാമേക്കിൻ്റെ ആ പ്രതികാര വാഞ്ചയിൽ നിന്ന് യേച്ചു പറയുന്ന ആ ഏഴുവത് വട്ടത്തിലേക്കുള്ള ആ യാത്ര അത് വലിയൊരു യാത്രയാണ് ഒരു വാദാമ്യ സന്തതിക്ക് ബഹുവാദം സഞ്ചരിച്ചെങ്കിൽ മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് അപ്പസ്തോരന്മാർ പറഞ്ഞ രക്ഷ നിങ്ങൾ അഗണ്യമാക്കി കളയരുത് നിങ്ങളിത് ഐ വാണ്ടി ടു വാക്ക് ഇറ്റ് ഔട്ട് വിത്ത് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ഫിയർ ആൻഡ് ട്രിംബ്ലിങ് ദൈവ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ പ്രയോഗത്തിൽ വരുത്തണം അത് നമ്മുടെ ഇതൊരു ലൈഫ് ട്രാൻസ്ഫോർമേഷനാവണം കേവലം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ ഒരുവനോട് ക്ഷമിക്കുന്നതായിരിക്കരുത് നേരെ ജീവൻ തമ്മിൽ വളർച്ച പ്രാപിച്ച് അത് നമ്മിൽ തന്നെ നടത്തുന്ന ഒരു രൂപാന്തര പ്രവർത്തിയായി മാറണം അപ്പം നമുക്ക് ഇത്രമാത്രമേ ചെയ്യുവാൻ പറ്റൂ നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്തു നോക്കാൻ പറ്റണം അതെ ഈ പാപത്തിൻ്റെ മേലെനിക്ക് വിജയമായിട്ടുണ്ടോ ഈ പാപത്തിൻ്റെ മേലെനിക്ക് വിജയമായിട്ടുണ്ടോ എന്നെ ദ്രോഹിക്കുന്നവരോട് എന്നെ എന്നെ എന്നോട് പഴയ്ക്കുന്നവരോടൊക്കെ എനിക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ അത് കേവലം ഒരു ക്ഷമയാണോ ഏഴ് സെവൻ സെവൻറ്റി ഏഴ് എഴുപത് തവണ ആണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു ലൈഫ് ട്രാൻസ്ഫോമേഷനെ കുറിച്ചാണ് ദൈവവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഉറക്കുന്നു സാഗ്ബദർ പറയാറുണ്ടായിരുന്നു ഈ ദാവീദ് ഗോലിയാത്തുമായി യുദ്ധം ചെയ്യുമ്പോൾ അവിടെ പല നിരവധി ശത്രുക്കളുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഈ ഒരു മല്ലനെ ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന ഈ ഒരു മല്ലനെ ദാവീദിനെ കീഴടക്കുവാൻ കഴിഞ്ഞപ്പോൾ ഈ ഗോലിയാത്ത് വീണപ്പോൾ മറ്റുള്ള ചെറിയ മല്ലന്മാരെല്ലാം അപ്രത്യക്ഷരായി ആയതിനാണെ ആയതിനാൽ ആവാം ഇത്തരണത്തിലുള്ള പ്രാധാന്യമർഹിക്കുന്ന പാപസ്വഭാവങ്ങളും അതിനോടനുബന്ധിച്ച് ഉപമകളും ഒക്കെ യേശു നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മെ ദ്രോഹിക്കുന്നവരോടുള്ള ബന്ധത്തിൽ നമ്മോടെ പിഴയ്ക്കുന്നവരോടുള്ള ബന്ധത്തിൽ അവരെ ഹൃദയപൂർവം കൈക്കൊള്ളുവാൻ ഇവർ ചെയ്യുന്നത് എന്തു ഇവരെ അറിയായത് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ കരുണയോടെ ആർദ്രതയോടെ നമ്മുടെ ശത്രുക്കളെ കാണുവാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അതൊരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിയാൽ നമുക്ക് പഴയാം നമ്മളൊരു ഗൊലിയാത്തിനെ വീഴിച്ചു ഒപ്പം നാം പോലും അറിയാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിരവധി പടവുകൾ നമുക്ക് ചവിട്ടിക്കയറുവാൻ സാധിക്കും ഞാൻ ഈ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്ന ഒരു വിഷയം നമ്മുടെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ പത്രോസപ്പസ്തോലിന് ഇങ്ങനെയാണ് പറയുന്നത് സ്നാനം എന്നത് അത് കേവലം അഴുക്ക് കഴുകലല്ല നേരെ മറിച്ച് നിർമ്മലമായ ഒരു മനസാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് ഒരുവൻ ക്രിസ്തീയ അനുഭവത്തിലേക്ക് കടന്നു അവൻ സ്നാനക്കുളത്തിൽ സ്നാനപ്പെടുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ദൈവസന്നത്തിലേക്ക് ഒരു പ്രാർത്ഥന ഒരു പ്ലേഡ് അതിതാണ് എനിക്കൊരു നിർമ്മലമായ മനസാക്ഷി അവിടുന്ന് തരണമേ ഈ മനസാക്ഷി ഞാൻ ഈ ഭൂമിയിൽ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം ജീവിച്ചു പത്ത് മുപ്പത് വർഷം ജീവിച്ചു നിരവധി സംഭവങ്ങൾക്ക് ഞാൻ സാക്ഷിയായി നിരവധി അനുഭവങ്ങളിലൂടെ കടന്നുപോയി എൻ്റെ മനസാക്ഷി കട്ടിയായി പോയിരിക്കുന്നു ഇത് കഠിനമായി പോയിരിക്കുന്നു ഇതിൻ്റെ ആർദ്രത നഷ്ടമായി പോയിരിക്കുന്നു ഇതിൻ്റെ തരളിതാവസ്ഥ നഷ്ടമായി പോയിരിക്കുന്നു ഞാൻ കഠിനനായി തീർന്നിരിക്കുന്നു ദൈവമേ അവിടുന്ന് നിന്നിൽ ചെയ്യുന്ന നവീകരണ പ്രവർത്തിക്കൊപ്പം അവിടുന്ന് എൻ്റെ ഈ മനസ്സാക്ഷിയെ ഒന്ന് തരളിതമാക്കിത്തരണേ ഇതിനെ നിർമ്മലമാക്കിത്തരണേ ഒരു ശിശുവിൻ്റെ മനസ്സാക്ഷി പോലെയുള്ള ഒരു നിർമ്മല മനസ്സാക്ഷിയിലേക്ക് അവിടുന്ന് എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്നൊരു പ്രാർത്ഥന നാം ഏവരും സ്നാനപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് പത്രോസ് ഒന്ന് പത്രോസ് മൂന്നാമത്തെയായും അതിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യമാണ് മലയാളത്തിൽ ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റിയായിരുന്നു ദ ക്ലിയർ കോൺഷ്യൻസ് ഒരു നിർമ്മലമായ ഒരു മനസാക്ഷി എന്നിൽ അവിടുന്ന് രൂപപ്പെടുത്തി തരണമേ എന്ന ഒരു ഒരു അപേക്ഷ നാം സ്നാനപ്പെടുമ്പോൾ നാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നുണ്ട് അതിന് കാരണം ഞാനീ പറഞ്ഞതാണ് നാം കഠിനരായി പോയിരിക്കുന്നു വാസ്തവത്തിലെ ഈ മനസ്സാക്ഷി നമ്മുടെ സഭയിൽ വളരെ കൃത്യമായ പഠിപ്പീര് ഈ വിഷയത്തോടുള്ള ബന്ധത്തിലെ കാലാകാലങ്ങളായി നമുക്ക് ലഭിക്കുന്ന ഒരു വിഷയമാണ് മനസ്സാക്ഷി എന്നത് വാസ്തവത്തിൽ ഈ മനസ്സാക്ഷി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് മനുഷ്യൻ വീണു പോകുമ്പോൾ ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് ആദം പരാജയപ്പെടുകയും ആദാമ്യ സന്തതികളിൽ നിന്നുള്ള ദൈവിക സാന്നിധ്യം അവർക്ക് നഷ്ടമായി പോവുകയും ഉൽപ്പത്തിയുടെ ആറാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം പറയുന്നുണ്ടല്ലോ എൻ്റെ ആത്മാവ് സദാകാലവും അവരോടുകൂടെ ജാഗരിക്കുകയില്ല ബിക്കോസ് ദ ആർ മോർട്ടൽ ബീയിങ് അവൻ മർദ്ധ്യനായിരിക്കുന്നു അവനിൽ ഞാൻ നിക്ഷേപിച്ചിരുന്ന ആ ആത്മീയാംശം നഷ്ടമായിരിക്കുന്നു അവൻ കേവലം ഒരു ദേഹവും ദേഹിയുമായി തീർന്നിരിക്കുന്നു ആയതിനാൽ എൻ്റെ ആത്മാവ് സദാകാലവും അവരോടുകൂടെ ജാഗരിക്കുകയില്ല എന്നാണ് നാം ഉൽപ്പത്തി പുസ്തകം ആറാം കാണുന്നത് എന്നാൽ ദൈവം പൂർണ്ണമായും മനുഷ്യനെ വിട്ടുകളയുന്നില്ല ദൈവം അവൻ്റെ ദേഹിയിലാവാം ദൈവം ഒരു ഒരു കെടാവിളക്കുപോലെ എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു മനസ്സാശി ഒരു പോലെ ഒരു കാവൽക്കാരനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ക്രിസ്ത്യാനികളൊന്നല്ല ഹിന്ദുക്കളൊന്നല്ല മുസൽമാന്മാരൊന്നല്ല സകല മനുഷ്യൻ്റെയും ഉള്ളിൽ ഈ ഒരു മനസ്സാശിയുണ്ട് ഇതവനോട് മന്ദ്രിച്ചുകൊണ്ടേയിരിക്കും നിനക്കൊരു സൃഷ്ടാവുണ്ട് നീ ഇപ്പോൾ സാക്ഷിയായ വിഷയത്തിൽ നിനക്ക് ഒരു റോളുണ്ടായിരുന്നു ഒരനീതി കാണുമ്പോൾ നീ അവിടെ ശബ്ദമുയർത്തണം ഒരു ബലഹീനനെ ബലവാൻ കീഴ്പ്പെടുത്തുമ്പോൾ നിനക്കൊരു പ്രവൃത്തി അവിടെ ചെയ്യുവാനുണ്ട് ഇതൊക്കെ ഈ മനസ്സാക്ഷിയാണ് മനുഷ്യനോട് പറയുന്നത് അതല്ലായിരുന്നു എങ്കിൽ ഒരു തന്നെ ഇന്ന് എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയില്ലായിരുന്നു ദൈവം ഈ കാവൽക്കാരനാണ് മനുഷ്യരുടെ എല്ലാവരുടെയും ഉള്ളിൽ നിലകൊള്ളുന്നത് പക്ഷേ ഇത് വ്യത്യസ്തങ്ങൾ യേശു ഭൂമിയിലായിരുന്നു യേശു പറഞ്ഞത് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്ക് അത് നമ്മുടെ കണ്ണാണ് ഈ കണ്ണ് ആരോഗ്യമുള്ളൊരു കണ്ണാണ് എങ്കിൽ നിങ്ങൾക്ക് ചുറ്റുവട്ടങ്ങളെല്ലാം നന്നായി കാണാം എന്നാൽ ഈ കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായാൽ അത് നിങ്ങൾക്ക് അന്ധകാരം മാത്രമേ നൽകുകയുള്ളൂ എന്നിട്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം അത് ഇരുളായി പോകാതിരുന്നാൽ നന്ന് അത് ഇരുളായി പോയാൽ അതെത്ര ഭയാനകമായിരിക്കും ഹൗ ടെറിബിൾ ഇറ്റ് വിൽ ബി ഇതാണ് യേശു ശിഷ്യന്മാരോട് അന്ന് നൽകിയ ഒരു മുന്നറിയിപ്പ് നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചം ദൈവം ആക്കിയിട്ടുണ്ട് അത് നിങ്ങളുടെ മനസാക്ഷിയാണ് ഇത് കഠിനമായി പോയാൽ അത് വലിയ ദുരന്തമായിരിക്കും ആയതിനാൽ ഇത് നിങ്ങൾ തരളിതമായി നിലനിർത്തണം ആയതിനാലാണ് ആ പ്രസ്തുനായ പത്രോസ് പറഞ്ഞത് സ്നാനം എന്നാൽ അത് നിർമ്മലമായ മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് അപ്പോൾ നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബഹുഗാതം യാത്ര ചെയ്തിരിക്കുന്നു നമ്മുടെ മനസ്സാക്ഷി ഇപ്പോൾ എങ്ങനെയുണ്ട് ഇത് ആർദ്രതയുള്ള ഒരു മനസ്സാക്ഷിയാണോ നമ്മുടെ സാമൂഹ്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചുറ്റുവട്ടങ്ങളോടുള്ള ബന്ധത്തിൽ ഒക്കെ നമുക്ക് ചോദന ചെയ്ത് നോക്കാം അതോ ഇത് കഠിനമായൊരു മനസ്സാക്ഷിയാണോ ഓക്കെ പള്ളിയിൽ പോകുന്നുണ്ട് ദൈവവചനം കേൾക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ ഹൗ സെൻസിറ്റീവ് യുവർ കോൺഷ്യൻസിസ് മനസ്സാക്ഷി എത്ര നിർമ്മലമാണ് എത്ര തരളിതമാണ് അതോ അത് പണ്ട് വീണ്ടും ജനനാനുഭവത്തിന് തൊട്ടു മുൻപായിരുന്ന അതേ കഠിന അവസ്ഥ തന്നെ ഇപ്പോഴും തുടരുന്നു യേശുവിനെക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് അലിഞ്ഞു ആൾക്കൂട്ടത്തെ കാണുമ്പോൾ യേശുവിൻ്റെ മനസ്സ് അലിയുമായിരുന്നു അതിനെയാണ് യേശുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പൊലന്മാരുടെയും ജീവിതം നോക്കുമ്പോൾ നമുക്കതറിയാം ആൾക്കൂട്ടത്തെ കാണുമ്പോൾ അവരുടെ മനസ്സ് അലിയുകയാണ് അല്ലാതെ തൻ്റെ ആർജിതമായ അറിവ് അവരുടെ മുൻപിൽ പ്രസംഗതരെ നമുക്കിങ്ങനെ ഞാനിങ്ങനെ ആളുകളെ വിലയിരുത്തുന്നത് അവരവരുടെ അറിവാണോ നമ്മുടെ മുൻപിൽ വിളമ്പാൻ ശ്രമിക്കുന്നത് അതോ അവർ നമ്മോടുള്ള മനസ്സലുകൊണ്ടാണോ നമ്മോട് സംസാരിക്കുന്നത് ആ ഒരൊറ്റ മാനദണ്ഡമനുസരിച്ച് നമുക്കൊരാളെ വിലയിരുത്തുവാൻ കഴിയും അപ്പോൾ നമ്മളെ ക്രിസ്തു സമാനത അത് മനസാക്ഷി എത്രമാത്രം തരളിതമായിരിക്കുന്നു മനസ്സാക്ഷി ഇപ്പോഴും കഠിനമാണോ ഇത് ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുവാൻ കാരണം ഈ നാളുകളിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ എല്ലാവരും തന്നെ മലയാളികൾ എല്ലാവരും തന്നെ നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ എല്ലാവരും അംഗങ്ങളാണ് അപ്പോൾ ഈ വാട്സാപ്പ് യൂട്യൂബ് പോലെയുള്ള ചാനലുകളിലൊക്കെ അവർ ചില വീഡിയോകളൊക്കെ ഇടുമ്പോൾ അവരതിൻ്റെ താഴെ ഒരു അടിക്കുറിപ്പ് എഴുതും ദ കണ്ടന്റ് വാട് യു ഗോയിങ് ടു സി മേ ആൻ ഒഫെൻസീവ് കണ്ടന്റ് അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ തരും പക്ഷേ വാട്സാപ്പിൽ ചില സഹോദരങ്ങളും നമ്മുടെ സ്നേഹിതരൊക്കെ ആയിട്ടുള്ള ആളുകൾ അവർ ചില വളരെ ക്രൂരമായ പ്രവർത്തികൾ ചിലരിലേർപ്പെടുന്ന ക്രൂരമായ കൊലപാതക ശ്രമങ്ങൾ വലിയ അപകടങ്ങൾ വന്യമൃഗങ്ങൾ മനുഷ്യരെ അക്രമിക്കുന്ന രംഗങ്ങൾ ഇതൊക്കെ കണ്ട് ഇത് ഇങ്ങനെ പെട്ടെന്ന് ഓരോ ക്ലിപ്പുകൾ ഓരോരുത്തർ അയക്കും അപ്പോൾ നമ്മളൊക്കെ അറിയാതെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ അറിയാതെ ഈ ക്ലിപ്പുകൾ തുറന്നു നോക്കും ഇത് തുറന്നു നോക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ പലരും നമ്മുടെ മനസ്സാക്ഷി അല്പമെങ്കിലും ധരളിതമായിട്ടുള്ള ആളുകൾ പറയുകയോ ഇത് കാണണ്ടായിരുന്നല്ലോ നമുക്കൊരു വേദന തോന്നും ഞാൻ എന്തിനാ ഇത് ഇതിൻ്റെ ഈ കുറ്റകൃത്യത്തോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ കുറ്റാന്വേഷണത്തോടുള്ള ബന്ധത്തിൽ ഒരു പക്ഷെങ്കിൽ ഈ വീഡിയോഗ്രാഫി ഗുണം ചെയ്യുമായിരിക്കും അത് നമുക്കറിയത്തില്ല പക്ഷെ അത് ആളുകൾ എല്ലാവരും കാണുന്നത് എന്ത് ഗുണമാണ് അവരിൽ ചെയ്യുന്നത് ഇത് ഗുണമല്ല ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഓരോ രംഗങ്ങൾ കാണുമ്പോഴും നമ്മളും നമ്മുടെ കുട്ടികളുടെയും മനസ്സ് നമ്മളറിയാതെ അതല്പം അതിനോട് പൊരുത്തപ്പെടും കഠിനപ്പെടും ഇതൊരു വലിയ അപകടമാ ഞാൻ ഓർക്കുന്നു ഈ അഡോൾഫ് ഹിറ്റ്ലർ നിരവധി യഹൂദന്മാരെ കൊല ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് നമുക്കറിയാനുള്ള ലോഹമായ നാളുകളിൽ അപ്പോൾ അദ്ദേഹം നിരവധി യഹൂദന്മാരെ കൊല ഒരു സ്ഥലമാണ് ഓഷ്വിറ്റ്സിലുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് അപ്പോൾ അവിടെ ഒരു ക്യാമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഹിറ്റ്ലർ ഒരിക്കൽ തൻ്റെ പ്രസംഗങ്ങളിലെവിടെയോ പറഞ്ഞ ഒരു പരാമർശമാണ് ഐ വോണ്ട് എ യങ് ജനറേഷൻ ഓഫ് പീപ്പിൾ ദോസുലസ് ക്രൂവൽ ആൻഡ് ഡ്യുവർ കോൺഷ്യൻസ് കഠിന ഹൃദയരായ മനസാക്ഷി മരവെച്ചുപോയ ഒരുപറ്റം ചെറുപ്പക്കാരെ എനിക്ക് വേണം ഇതായിരുന്നു ഹിറ്റ്ലറിൻ്റെ ആഗ്രഹവും ആവശ്യവും ഒരുപക്ഷെങ്കിൽ താൻ ഏർപ്പെട്ടിരുന്ന ആ ജോലിക്ക് യഹുദന്മാരെ ഉന്മൂലനം ചെയ്യുക എന്ന തൻ്റെ പ്രവൃത്തിക്ക് വിഘാതമായി നിന്നത് ഈ തൻ്റെ പട്ടാളക്കാരുടെ ഉള്ളിലെ ഈ കിടാവിളക്ക് പോലെ ദൈവമാക്കിയിരിക്കുന്ന ഈ മനസാക്ഷി ആയിരുന്നിരിക്കാൻ ഒരു തടസ്സമായി അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ എങ്കിലും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞു ഐ നീഡ് എ ജനറേഷൻ ഓഫ് യങ് പീപ്പിൾ ഓഫ് കോൺഷ്യസ് മനസ്സാക്ഷി മരവിച്ച എന്ത് പ്രവൃത്തിയും എന്ത് ക്രൂരതയും ചെയ്യുവാൻ പറ്റുന്ന ഒരു പറ്റം യുവാക്കളെ എനിക്ക് വേണമെന്ന് ഈ ഹിറ്റ്ലറിൻ്റെ ആവശ്യവും യേശു നമുക്ക് നൽകിയ മുന്നറിയിപ്പുമൊന്ന് നിങ്ങൾ തുലന ചെയ്തു നോക്കണം നിങ്ങളുടെ ഉള്ളിലുള്ള വിളക്ക് അത് ഇരുളാവാതിരുന്നാൽ നന്ന് അതിരുളാവാതിരുപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക അതിരുളായിപ്പോയാൽ ആ ഇരുൾ എത്ര ഭയാനകമായിരിക്കും നമ്മൾ കാണുന്ന ചില കുറ്റകൃത്യങ്ങൾ ഇന്നത്തെ ചെറുപ്പക്കാർ ഈ കൊട്ടേഷൻ ഗാംഗുകൾ ഇവരുടെയൊക്കെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചാലറിയാം അവരുടെ മനസാക്ഷി മരവിച്ച് പോയിരിക്കുന്നു അന്ന് ഹിറ്റ്ലർ ചെയ്തിരുന്ന പ്രവൃത്തി അതാരായിരുന്നു അതിന് പ്രകലെന്ന് നമുക്കറിയാം അത് സാത്താൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നു ഇന്നും ആ പ്രവൃത്തി തുറമാനമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു പക്ഷെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ചെറിയ ചെറിയ വീഡിയോകളാവാം നമ്മുടെ കുട്ടികളേർപ്പെട്ടിരിക്കുന്ന ചില ചില ഗെയിമുകളാവാം കുട്ടികളൊക്കെ ആളുകൾ വളരെ അഭിമാനത്തോടെ ചില മാതാപിതാക്കൾ പറയും അവൻ എപ്പോഴും അവനാരോട് സംസാരിക്കാൻ നേരമില്ല അവൻ വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവന് നേരവില് അവൻ ഇപ്പോഴും ലാപ്ടോപ്പിലാണ് അവൻ എന്താണ് ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പല മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നില്ല അവരുടെ മനസാക്ഷിയെ ഓരോ നിമിഷം തോറും കഠിനതരമാക്കുന്ന വീഡിയോ ഗെയിമുകളും കാർട്ടൂണുകളും ഒക്കെയാണ് ഇന്ന് നമ്മുടെ കുട്ടികളുടെ മുൻപിലായിരിക്കുന്നത് അവർ ഓൾ ഓഫ് എസ് അഡൻ അവർ വളരെ അൺയൂഷലായി ബിഹേവ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് കാരണവന്മാർ ആകുലപ്പെടാറുണ്ട് അതൊരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല ഈ പ്രവൃത്തി അവർ പോലും അറിയാതെ നമ്മളറിയാതെ അവരുടെ ഉള്ളിൽ നടക്കുക മനസ്സാക്ഷി കഠിനതരമായിക്കൊണ്ടിരിക്കുകയാണ് പത്രോസ് പറഞ്ഞു നമ്മൾ സ്നാനം കഴി സ്നാനക്കുളത്തിൽ തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥന ദൈവമേ ഒരു നിർമ്മലമായ മനസ്സാക്ഷി എനിക്ക് തരണം അതുകൊണ്ടാണെന്ന് തോന്നിയൊരു ഭക്തനായ കവി ഇങ്ങനെ എഴുതി നിർമ്മലമായൊരു മാനസമെന്നിൽ നിർമ്മിച്ച രളമേനാഥ അതെ അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അത് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു അളവ് നമ്മെ സഹായിക്കും നമുക്ക് തന്നെ നമ്മളെ ബാല്യകാലങ്ങളിലൊക്കെ പത്തും പതിനഞ്ചും വയസ്സുള്ള കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കി നമ്മൾ ചില സംഭവങ്ങൾക്ക് സാക്ഷ്യമായാൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നാൽ നമ്മളെ അത് വല്ലാതെ നമ്മുടെ മനസ്സിനെ അത് വേദനിപ്പിക്കുമായിരുന്നു എന്നാൽ നമ്മൾ വളർന്നു നമ്മൾ കുറേ ജീവിതാനുഭവങ്ങൾക്ക് സാക്ഷികളായി കുറേ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നിരവധി മരണങ്ങൾക്ക് സാക്ഷികളായി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നമ്മളീ ചെറിയ വിഷയങ്ങളൊക്കെ കാണുപോവോ അത് എങ്ങനെയൊക്കെ അവരേറ്റിപ്പോളൂ നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ മതി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ മനസ്സാക്ഷി കഠിനതരമായി പോയിരിക്കുന്നു ഇത് ലോകത്തിൽ പുറത്ത് ഇതുതന്നെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഈ സഭയ്ക്ക് ഈ സഭയുടെ നാല് ചൂരുകൾക്ക് പുറത്ത് ഈ പ്രവൃത്തി വളരെ ആഴം കൂടിയ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ പുറം ലോകത്ത് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക അവരുടെ മനസ്സാക്ഷി കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക നാൾക്കുനാൾ മനുഷ്യരുടെ മനോഭാവങ്ങളും അവരുടെ മനസാക്ഷിയും ദൈവം അവരുടെ ഉള്ളിലാക്കി കട അവളൊക്കെ കഠിനതരമായിക്കൊണ്ടിരിക്കുക അതിന് മധ്യത്തിലാണ് നമ്മൾ പറയുന്നത് നമ്മൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഒരു കൂട്ടമാണ് എന്ന് ലോകത്തിൽ നിന്ന് ദൈവം വില കൊടുത്ത് വിളിച്ചു തേർതിരിച്ച ഒരു കൂട്ടമാണ് നമ്മുടേത് അപ്പോൾ ലോകത്തിലെന്ത് നടക്കുന്നോ അതിന് തികച്ചും ഓപ്പോസിറ്റായിട്ടുള്ളൊരു പ്രവൃത്തി നമ്മുടെ മനസ്സാക്ഷിയോടുള്ള ബന്ധത്തിൽ നടക്കേണ്ടുന്നതാണ് അപ്പോൾ അതൊരു വലിയ അളവ് നമുക്ക് നമ്മളെ തന്നെ ചോദന ചെയ്യാം നമ്മുടെ മനസ്സാക്ഷി നിർമ്മലമുള്ളതാക്കി തീർക്കണമേ അത് തരളിതമാക്കി തീർക്കണമേ എന്നത് നമ്മുടെ പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന ആണ് നാം അന്ന് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം എത്രമാത്രം ഉത്തരം നൽകിയിട്ടുണ്ട് അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ക്രിസ്തു നമ്മിൽ ഉരുവായി വരുമ്പോൾ നമ്മിൽ രൂപപ്പെട്ടു വരുന്ന ക്രിസ്തു സമാനതകളുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അതിനാൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം ഇത്തരത്തിലുള്ള അവസരങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആരക്ഷണീയ പ്രവൃത്തി നമ്മിൽ എത്രമാത്രം അത് കാര്യമായി പ്രവൃത്തി ചെയ്യുന്നു എന്ന് നമുക്ക് ശോധന ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവസന്നതിയിൽ നിങ്ങൾക്കൊപ്പം ആയിരിപ്പാൻ ദൈവം നൽകി അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ദൈവസഭയിൽ തുടർന്നും ആയിരിപ്പാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ